എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ എന്ന് ഞാൻ ഹവാരിങ്ങൾക്കും ശിഷ്യന്മാർക്കും വഹി ദിവ്യസന്ദേശം നൽകിയ സന്ദർഭവും ഓർക്കുക അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ മുസ്ലിംകളാണെന്നങ്ങ് സാക്ഷ്യം വഹിക്കണമേ